നിങ്ങൾ പങ്കുചേർക്കുന്നവയെ ഞാൻ എങ്ങനെ ഭയപ്പെടും എന്നാൽ അള്ളാഹുസ്ബഹാനഹൂവത്തായാല നിങ്ങൾക്ക് യാതൊരു തെളിവും നൽകിയിട്ടില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ അവനോടൊപ്പം പങ്കുചേർത്തു എന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ അതിനാൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ രണ്ടു വിഭാഗങ്ങളിൽ ഏതാണ് കൂടുതൽ സുരക്ഷിതമാകാൻ അർഹതയുള്ളവർ